themes up the up the scream ശർപ്രകാശ്രശാപ്രശ്ശം സന്ദന പ്രകാശം സിഷ്ടപ്രകാശു പ്രകിഷ്ട ദോഷം സ്വത്വവിശിഷ്ടപ്രകാശം വേദ്യജ്ഞാനത്തിലുണ്ട് വൃത്തിജ്ഞാനം സാക്ഷി ഭാഷമായ ജ്ഞാനത്തിലുണ്ട് സ്വത്വമുണ്ട് പ്രകാശത്വം അതിലതിവ്യാപ്തി ലക്ഷണം അവിടെ പോകുന്നു അതിൽ അതിവ്യാപ്തി ഉണ്ടാകുന്നതുകൊണ്ട് അത് ശരിയല്ലത്തിനും കൊണ്ടുവരുന്നു സ്വപ്രകാശത്വമുണ്ട് അതുകൊണ്ട് സ്വപ്രകാശത്വ ലക്ഷണം ഇച്ചിരി ദോഷം എന്താണ് അതിവ്യാപ്ത എവിടെ അതിവ്യാപ്തമാവുന്നു പ്രതിജ്ഞാനത്ത് എന്നാ പിന്നെ അടുത്തത് രണ്ടാമത്തെ ലക്ഷണം പറയും ആദ്യത്തെ ലക്ഷണത്തിൽ അരിചിയുള്ളതും രണ്ടാമത്തെ ലക്ഷണം പറയും എന്താണ് സുപ്രകാശ ലക്ഷണമെന്ന് പൂർവക്ഷി ചോദിക്കുകയാണ് സിദ്ധാന്തി ലക്ഷണം ഇതാണ് ഇപ്പൊ പൂർവക്ഷി പറയുന്ന ഇതിൽ അതിവ്യാപ്തി ദോഷമുണ്ട് അങ്ങനെയാണെങ്കിൽ വേറെ ലക്ഷണം പറയാം പ്രകാശ ഇതിവാ രണ്ടാമത്തെ പ്രകാശ ഇതിവാ ഇങ്ങനെയും പറയാം സസ്യ സ്വയമേവ പ്രകാശ ഇവിടെ സസ്യപ്രകാശം എന്നാണ് പറയുന്നത് സസ്യപ്രകാശം സ്വപ്രകാശം എന്ത് സമാസമായി സസ്യപ്രകാശം സ്വപ്രകാശം എന്ന് പറയുന്നതിന് ഇവിടെ ഒന്ന് വിശദീകരിക്കുകയാണ് സസ്യ സ്വയമേവ പ്രകാശം എന്ന് പറയുന്നത് ഇപ്പൊ സ്വയമേവ പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് പറയുന്നത് പ്രകാശക്രിയാണ് പ്രകാശിക്കുക പ്രകാശം പ്രകാശിക്കുക എന്ന് പറയുന്നത് അറിവിനെ സംബന്ധിച്ച ആണ് പ്രകാശിക്കുക എന്ന് അറിയുക അതെ അപ്പൊ സസ്യെ അറിയുക എന്ന് പറഞ്ഞാൽ സസ്യ എന്താണ് അറിയുന്നത് ആര് എന്ന ചോദ്യം വരും ആരറിയുന്നു അപ്പൊ അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കർത്താവ് വേണം ആരറിയുന്നു കൻ തന്നെ അറിയുന്നു കൻ തന്നെയാണ് അറിയുന്നത് അപ്പൊ സ്വയം തന്നെ അറിയുന്നു എന്നടക്കു ആരാണോ അറിയുന്നത് അയാൾ സ്വയം തന്നെ അറിയുന്നു സ്വയം തന്നെ വേറൊരാളും അറിയാനില്ല അറിയുന്നവൻ സ്വയം തന്നെ അറിയുന്നു സ്വയം തന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു അറിവിന്റെ ആവശ്യമില്ല സ്വയം തന്നെ അറിയുന്നു പക്ഷെ അറിയുന്നു പറഞ്ഞു അറിയുക അറിയുന്നു അറിയുന്നു എന്ന് പറയുമ്പോ അതിനൊരു വിഷയം വേണം ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ചോദ്യം വരും എന്തിനെ അറിയുന്നു അറിയുന്നു എന്ന് പറയുമ്പോ അവിടെ വിഷയം വേണം എന്തിനവിടെ അറിയുന്നത് സ്വയം പ്രകാശം എന്ന് പറയുന്നു ചിതാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് ചിതാത്മാവ് എന്തിനാ ചിതാത്മാവ് തന്നെ തന്നെ അറിയുന്നു അപ്പൊ അറിയുന്നവൻ ചിതാത്മാവ് അറിയുന്ന വിഷയം ചിതാത്മാവ് അറിയുന്ന വിഷയം അതിനെ പറയാനാണെന്ന് പറഞ്ഞത് സസ്യ എന്ന് പറയുന്നത് അറിവിന്റെ സ്വയമേവാന്ന് പറയുന്നത് അറിയുന്ന കർത്താവിനെ പറയുന്നു അപ്പോ അറിവ് സ്വയം തന്നെ തന്നെ അതാണ് സ്വയം അറിവ് തന്നെ തന്നെ അറിയുന്നതിനെയാണ് അറിവ് തന്നെ തന്നെ അറിയാന്ന് പറഞ്ഞാൽ അറിവപ്പോഴാണോ സ്വയം കർത്താവായി നിന്ന് സ്വയം കർമ്മമായി നിന്ന് അതിനെ അറിയുന്നത് അപ്പൊ അതിനെ സ്വയം പ്രകാശം ഇതാണ് രണ്ടാമത്തെ പ്രശ്നം ഇങ്ങനെ സ്വയം തന്നെ തന്നെ അറിയണമെങ്കിൽ എന്തു വേണം താൻ സ്വയം പ്രകാശമായിരിക്കും നല്ലതായിരിക്കും താൻ തന്നെ അറിയുന്നു തന്നെ തന്നെ അറിയും താൻ തന്നെ തന്നെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ താൻ സ്വയം എന്തായിരിക്കണം പ്രകാശം അതൊരു കാര്യം താൻ പ്രകാശമാണ് മറ്റൊന്ന് തന്നെ അറിയാൻ വേറൊരു പ്രകാശത്തിന്റെ ആവശ്യം ഇല്ല അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് താൻ സ്വയം തന്നെ തന്നിട്ട് ചിതാത്മാ സ്വയം തന്നെ പ്രകാശമാണ് മറ്റൊന്നെന്താണ് ആ ചിതാത്മാവിനെ അറിയാൻ മറ്റൊരു പ്രകാശം ഇല്ല ആണ് സസ്യ സ്വയം ഏവാന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യം ഇല്ല ഇവിടെ സസ്യ എന്ന് പറയുന്നത് അടുത്ത് ഷഷ്ടിയാണ് ഇപ്പോ ഷഷ്ടി രാമസ്യ ദൗഹവും രാമസ്യ ഷ്ടിയാണ് എന്ത് ഷഷ്ടി എന്ന് പറയും സംബന്ധം പക്ഷെ സംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവിടെ ചോദ്യം വരും എന്ത് സംബന്ധം അവിടെ സംബന്ധത്തെ വിശദീകരിക്കേണ്ടി വരും എന്താണ് സംബന്ധം അല്ലാതെ സംബന്ധം എന്ന് പറഞ്ഞാൽ പോലെ ഏകശതം ഷഷ്ട ടുത്ത് ഒരുപാടുണ്ട് പിതൃപുത്ര സംബന്ധമുണ്ട് ഒരു ശിഷ്യ സംബന്ധമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സംബന്ധങ്ങളുണ്ട് സ്വസത്വ സംബന്ധമുണ്ട് സസ്യ പ്രകാശ എന്ന് പറയുന്നിടത്ത് സസ്യ എന്ന് പറയുന്നത് ഷഷ്ടിയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഷഷ്ടി സംബന്ധി എന്ത് സംബന്ധം എന്ന് പറയുന്നത് വിടെ സംബം എന്ന് പറയുന്നത് കർമ്മാണ് സസ്യ എന്ന് പറയുന്നത് കർമ്മമാണ് എന്തിന്റെ കർമ്മം അറിവിന്റെ കർമ്മം ഇപ്പൊ കർമ്മണി ഷഷ്ടിയാണ് കർമ്മ സംബന്ധാർത്ഥമാണ് പക്ഷെ അത് കർമ്മമാണ് ഇവിടുത്തെ സംബന്ധം അതുകൊണ്ടിവിടെ കർമ്മത്തിലാണ് ഷഷ്ടി വന്നതെന്ന് പറയേണ്ടി വരും കർമ്മം വന്നു കഴിഞ്ഞാൽ എന്ത് വേണം ക്രിയ വേണം ഭർത്താവ് വേണം അപ്പൊ ക്രിയ എന്താണെന്ന് വരും ക്രിയെന്താണോ പ്രകാശം ഭർത്താവ് ആരാണോ സ്വന്തൻ ഇവിടെ സസ്യ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് സ്വ കർമ്മമായി സ്വയം ഏവ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് സ്വന്ത കർത്താവുമായി കർത്താവും കർമ്മവും ഒന്നായി ഞാൻ കർമ്മ കർത്തൃഭാവം എന്ന് പറയുന്നു കർമ്മവും കർത്താവും ഒന്നായി കഴിഞ്ഞാൽ കർമ്മകർത്തൃഭാവം ഇവിടെ കർമ്മത്തിന് വേറൊരു ശബ്ദമില്ല അഹം ഘടം ജാനാമി ഞാൻ കർത്താവായി അറിവെന്ന് പറയുന്നത് ക്രിയയായി ഘടന്ന് പറയുന്നത് കർമ്മമായി അതോടെ വേറെ വേറെ ശബ്ദങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നു കർത്താവിനെന്തുപയോഗിച്ചു അഹം കർമ്മത്തിനെന്ത്പയോഗിച്ചു ക്രിയക്കെന്തുപയോഗിച്ചു ഇവിടെ ക്രിയ പ്രത്യേകം തന്നെ പറയുന്നു പ്രകാശം പക്ഷേ കർമ്മത്തിനും കർത്താവിനും ഒരേ ശബ്ദം തന്നെ പ്രയോഗിച്ചാൽ രണ്ടുമെന്ന് തന്നെ കർമ്മ കർത്താവം വരും അല്ലെങ്കിൽ കർമ്മ കർത്തോധം കർമ്മവും കർത്താവും ഒരിക്കലും ഒന്നാകാൻ പാടില്ല നമ്മൾ വ്യാകരണത്തിൽ പഠിച്ചിട്ടുണ്ട് എന്തിനാണ് കർമ്മം എന്ന് പറയുന്നത് എന്താണ് വ്യാകരണത്തിൽ വിശദമായിട്ട് പഠിച്ചു പരസംവേദ ക്രിയാജന്യ ഫലശാലിത്വം പഠിച്ചോ പരസംവേദന്യ ഫലശാലിത്വം അതായത് ചൈത്രം ലക്ഷതി അതെ വ്യാഖ്യാനത്തിനുണ്ട് അതിന്റെ വായിപ്പ് നോക്കിയാണ് ചൈത്രം ഇവിടെ ചൈത്രൻ എന്ന് പറയുന്നത് എന്താണ് ഗ്രാമം എന്ന് പറയുന്നത് എന്താണ് കർമ്മം ക്രിയ എന്താണ് ഗമനക്രിയപ്പോ ഇവിടെ ചൈത്രൻ ഗമിക്കുന്നത് ഗ്രാമത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഗ്രാമപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയാഫലം ഗമനക്രിയയുടെ ഫലം അതെന്താണോ ഗമനക്രിയയുടെ ഫലം എന്ന് പറയുന്നത് ഗണക്രിയ ഫലം എന്ന് പറയുന്നത് എന്താണ് ഭാഷ ഗ്രാമസംയോഗം അല്ലേ വാസ്തു സംഭവിക്കുന്നു ചൈത്രം നടന്നിടുന്നവിടെ എത്തി ചൈത്രും ഗ്രാമവുമായിട്ട് സംയോഗം വന്നു ഗ്രാമസംയോഗം സംയോഗമൊക്കെ ഉഭയനിഷ്ഠമാണ് ചൈത്രത്തിലും കാണും ഗ്രാമത്തിലും കാണും ഇവിടെ ഫലംജന്യ ഫലം എന്ന് പറഞ്ഞെടുക്കുന്ന എന്താണോ ഗ്രാമ സംയോഗം അതാണ് ഫലം കർമ്മം എന്താണ് ഗ്രാമം സ്ത്രീ എന്താണ് കർത്താവ് എന്താണ് അപ്പൊ ഇവിടെ കർമ്മത്വത്തെ പറയുന്നത് പരസംവേദന്യ ബലശാലിത്വം പരം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ അപേക്ഷിച്ച് പരം ഇവിടെ രണ്ടുപേരാണ് ഇപ്പോൾ ചൈത്രനും ഗ്രാമവും ഗ്രാമം കർമ്മമായി ചൈത്രനോ അപ്പൊ പരനൂടെയായി ചൈത്രൻ രണ്ടും ആണെങ്കിലും കർമ്മത്തെ അപേക്ഷിച്ച് പരമായിരിക്കുന്നത് ഭർത്താവ് ചൈത്രൻവേദക്രിയ എന്ന് പറഞ്ഞാൽ ചൈത്ര സംവേതമായിരിക്കുന്ന ക്രിയ ക്രിയ ചൈത്രന്റെ സംബന്ധത്തിരിക്കും എന്തുകൊണ്ട് സമയം കർമ്മം എന്ന് പറയുന്നത് ദൈവത്തിലിരിക്കുന്ന സംബന്ധം സമവായ സംബന്ധം ക്രിയാ ക്രിയാവന്തോ സമവായത്തിന് ലക്ഷണം പഠിച്ചു പഠിച്ചോ നിത്യസംബന്ധ സമവായോഹോ ക്രിയാ ക്രിയാ ക്രിയയും ക്രിയാനും തമ്മിലുള്ള സംബന്ധം എന്താണ് സമായ അതൊക്കെ ഇവിടെ ഓർക്കണം ഇപ്പൊ ക്രിയ എന്ന് പറയുന്നത് ഗമനക്രിയ ഗമനക്രിയ എവിടെയിരിക്കുന്നു ചൈത്രനിൽ ഇരിക്കുന്നു ഏത് സംബന്ധത്തിൽ ഇരിക്കുന്നു സമവായ സംബന്ധത്തി സമവായ സംബന്ധത്തിൽ ക്രിയ ചൈത്രനിൽ ഇരിക്കുന്നു േത പരശബ്ദം കൊണ്ട് അതിനെടുക്കും പരസംവേതമായതെന്തായി എന്നുവെച്ചാ സ്വായനസ്ഥിതമായി ക്രിയ അപ്പൊ പരസംവേതക്രിയ ആ ക്രിയാജന്യമായ ഫലം എന്ന് വെച്ചാ ക്രിയ ചൈത്രനുമ്പോ ചൈത്രം നടക്കുന്നു അപ്പൊ പരസംവേതമായ ചൈത്രസംവേതമായ മായ ഫലം ആ ക്രിയുണ്ടാകുന്ന ഫലം എന്താണ് ഗ്രാമസമയോഗം ഫലസമേത ക്രിയാജന്യഫലം ഗ്രാമസമയോഗം ഫലശാലിയായി ഗ്രാമം ഫലശാലി എന്ന് വെച്ച ഫലമുള്ളത് ഫലശാലിത്വം എവിടെ വരും അതാണ് കർമ്മത്വം എന്ന് പറഞ്ഞാൽ എന്താണോ കർത്താവും കർമ്മവും ഒരിക്കൽ ഒന്നാകാൻ പാടില്ല ക്രിയാ എന്ന് പറയുന്നത് കർത്തൃനിഷ്ഠമായിരിക്കും ഫലം എന്ന് പറയുന്നത് കർമ്മനിഷ്ഠം ക്രിയാ എന്ന് പറയുന്നത് കർത്തൃനിഷ്ഠം ഫലം എന്ന് പറയുന്നത് കർമ്മനിഷ്ഠം രണ്ടും ഒരിടത്ത് വരാൻ പാടില്ല രുന്നു കർത്താവിലായിരുന്നു ഫലം എന്ന് പറയുന്നവളായിരുന്നു കർമ്മത്തിൽ പരസംവേദക്രിയാജന്യ ഫലശാലിത്വം എന്ന് പറയുന്ന കർമ്മ ലക്ഷണമാവുന്നു കർമ്മത്തിന്റെ ലക്ഷണമാണ് ക്രിയയുടെ ആശ്രയം ആശ്രയം കർമ്മമായിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും കർത്താവ് വേറെ ആയിരിക്കും കർമ്മം ഇവിടെ പറയുന്ന എന്താണ് സ്വസ്യ സ്വയമേവ പ്രകാശം എന്ന് പറയുന്നത് സ്വയമേവ എന്ന് പറയുമ്പോൾ സ്വന്തന്ന കർത്താവ് അവിടെ പ്രകാശം അതാണ് ക്രിയ അതെവിടെയായിരിക്കും കർത്താവ് ഇനി കർമ്മം എന്ന് പറയുന്നത് എന്താണ് സ്വന്തം ഇവിടെ ഫലം എന്താണ് കർമ്മത്വം വിഷയത്വം എവിടെ വരുന്നു തന്നിൽ തന്നെ വരുന്നു പ്രകാശിച്ചാൽ ജ്ഞാനം പ്രകാശിച്ചാൽ ഫലം എന്താണ് വിഷയമാവുക എന്തായാലും ഇവിടെ ആര് വിഷയമായി സ്വയം തന്നെ വിഷയമായി അപ്പോ ഇവിടെ ക്രിയ എന്ന് പറയുന്ന പ്രകാശ ഇരിക്കുന്ന സുമല് അത് തന്നെ കർമ്മം ആയി എന്തുകൊണ്ട് ക്രിയാജന്യ ഫലം പ്രകാശത്തിന്റെ ഫലം എന്താണ് വിഷയത്വം പ്രകാശം വിഷയമാക്കുന്നു ആ വിഷയത്തെ ഒന്നോ തന്നിൽ മനസ്സിലായോ സ്വയമേവ എന്ന് പറയുന്നിടത്ത് സ്വയം ഉണ്ടായി സ്വയമേവ എന്ന് പറയുന്നിടത്ത് കർത്താവ അവിടുത്തെ ക്രിയ എന്താണ് പ്രകാശം അതിന്റെ കർമ്മം എന്ന് പറയുമ്പോൾ അതിന്റെ വിഷയം അല്ലേ അതിന്റെ വിഷയം എന്തായി സ്വന്തന്നെ കർത്താവും ഒരാളി തന്നെ കർമ്മവും ഒരാളി അങ്ങനെ വന്നുകഴിഞ്ഞാൽ രണ്ടും ഒരിടത്ത് വരുന്നു കാരണം ഇവിടെ കർമ്മമായിട്ടെടുത്ത അതിന്റെ ജ്ഞാനത്തിന്റെ വിഷയത്വം ജ്ഞാനത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ കർമ്മം എന്ന് പറയാം ഏ പ്രകാശത എന്നാണ് എന്റെ അർത്ഥം സ്വഹ സ്വം പ്രകാശത സ്വപ്രകാശ വിഷയത്വമായി കർമ്മത്വം അത് സ്വമിലോന്നു കർത്താവും കർമ്മവും അവരുടെ അടുത്ത് കർമ്മകർത്തൃഭാവം കർമ്മകർത്തൃവിരോധം എന്ന അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലക്ഷണം ശരിയാകില്ല സ്ത്രീ പറഞ്ഞാൽ എന്താണ് ജ്ഞാനം തന്നെ തന്നെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല സ്വയം പ്രകാശത്തിന്റെ അർത്ഥം എന്താ പറയുന്നത് ജ്ഞാനം തന്നെ തന്നെ പ്രകാശിപ്പിക്കുന്നു ജ്ഞാനം തന്നെ തന്നെ വിഷയമാകുന്നു ജ്ഞാനം റിയുന്നു പറഞ്ഞാൽ കർമ്മ കർത്തൃം കർമ്മവും കർത്താവും ഒരാളായി എന്ന് പറയുന്ന ദോഷം ദോഷമായി എന്തുകൊണ്ട് കർമ്മം എന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കണം പരസമേത ക്രിയാജന്യ ഫലശാലിയായി അങ്ങനെ കർമ്മ ആവട്ടെ നിയമ പറഞ്ഞു ജന്യ ഫലശാലി ആയെങ്കിലും കറങ്ങും രാമൻ തന്നിലേക്ക് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവും രാമൻ ഗ്രാമത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവും ചൈത്രം തന്നിലേക്ക് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവും അതെന്താ പറയുന്നത് കർത്തഗ്രാമിന് ക്രിയാഫലം എന്ന് പറഞ്ഞാൽ അതീതുമായിട്ടുണ്ട് അതുണ്ടോ എന്താണോ അതീതുമായിട്ടുണ്ടായിരുന്നു അവിടെ എന്താ പറയുന്നത് സ്വർഗം ചെയ്യുന്ന സ്വർഗത്തിനു വേണ്ടി യാഗം ചെയ്യുന്നവന് ആ യാഗത്തിന്റെ ഫലം ആ അവന് കിട്ടുന്നു അതീതുമായിട്ടുണ്ടാകുന്നു അവിടെ കർമ്മം ഉണ്ടോ രാമഹശ്ശേരിയിൽ നിന്ന് എൻ്റെ അടുത്ത് കർമ്മം ഉണ്ടോ ഉണ്ടോ അകർമ്മ അകർമ്മഗത കർമ്മം ഉണ്ടോ മറ്റല്ല വിഷയം അവിടെ പറയുന്നു ഒരാള് പ്രവർത്തിക്കുന്നു ആ പ്രവൃത്തിയുടെ ഫലം ആയാ കർമ്മകടത്തർ വിഭവം എന്ന് പറയുന്നത് കർമ്മത്തിനൊരു ലക്ഷണം പറഞ്ഞു വച്ചിട്ടുണ്ട് ഇന്നതാണ് ലക്ഷണം വേദ ക്രിയാണ അതോ ആ ലക്ഷണം എവിടെ അവിടെ കർമ്മത്വം വരും വരുന്നു സസ്യ എന്ന് പറയുമ്പോ ശബ്ദം കൊണ്ട് സസ്യ അതിനെ കർമ്മമാക്കി പക്ഷെ അങ്ങനെ സമന്യിപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ പറയും സ്വന്താവ് സ്വന്ത കർമ്മം എന്ന് പറഞ്ഞാൽ അതില് വിരോധം വരുന്ന അവിടെ കർമ്മവും കടത്തവായിട്ട് തിരിക്കാൻ പറ്റത്തില്ല ഇതൊരു ദോഷമാണ് കർമ്മകർത്തരവിരോധം ഒരു ദോഷമാണ് ഞാൻ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുപേക്ഷിക്കുന്നു അങ്ങനെ പറയുകയും ഞാൻ നടന്നു നടന്നു നടന്നു നടന്ന അവസാനം എന്നിൽ തന്നെ എത്തി എന്ന് പറഞ്ഞാൽ കർമ്മഘടത്തിൽ വിരോധം ഗ്രാമം എന്ന് വെച്ചാൽ ഒരു ലക്ഷണം പറയുമ്പോൾ അത് ലക്ഷണമേ അല്ല സ്വസ്യ സ്വമേ എന്ന് പറഞ്ഞാൽ കർമ്മകടത്തിൽ വിരോധം വരുന്നെന്ന് പറഞ്ഞാൽ ലക്ഷണമേ ആകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ദോഷം അസംഭവം അസംഭവമാണ് അങ്ങനെ ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല പശുവിന് ഒറ്റ കുളമ്പെന്ന് പറഞ്ഞു ഒറ്റ കുളമ്പെന്ന് പറഞ്ഞാൽ ഏകസഭവത്വം ലക്ഷണമേ ആകത്തില്ല അതെന്തുകൊണ്ട് അങ്ങനൊരു സാധനമില്ല സി സമീപ പ്രകാശ എന്ന് പറഞ്ഞാൽ കർമ്മവും കർത്താവും ഒന്നാകുന്നു എന്റെ അടുത്തം അങ്ങനെ ഒന്നാകുന്നുണ്ട് അവരുടെ അടുത്ത് അങ്ങനെ ഒന്നില്ല അങ്ങനെ ഒന്നും സാധ്യതയില്ല അതുകൊണ്ട് ലക്ഷണം അസംഭവോഷം തരും കർമ്മ വിടെന്തു വരുന്നു ഞാനെ അടിച്ചു ഞാൻ എന്നെ തിന്നു എന്തുണോ പറയാം മുഖം തിന്നാൻ പറ്റില്ലല്ലോ ഒരു ഭാവം വലിയ തിന്നാൻ പറ്റൂ അല്ലേ അപ്പൊ അവിടെ വിഭജിച്ചിട്ട് ഏത് ഭാവമാണോ തിന്നത് അത് ണ്ടായി കർമ്മം വായു ചിന്ന ഭാഗം കർത്താവും അവിടെ വിവക്ഷയിൽ അടിച്ചു എന്ന് പറഞ്ഞ കർത്താവ് എന്തായി കൈ എന്ന കർത്താവായി അടി കൊണ്ടത് അവിടെ കരണക്കുറ്റി അല്ലെങ്കിൽ നെഞ്ചത്ത് അതെന്തായി കർമ്മമായി അത് തന്നെ അപ്പൊ ഞാനെന്ന് പറയുന്ന എന്തായി ബുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം അങ്ങനെ പറയുന്നതാണ് അറിയുന്നതാ ശരീരമാണ് ശരിയായ അർത്ഥത്തിൽ അല്ല അതൊക്കെ പറയുന്നത് അവിടേക്ക് എന്താണോ ഔപാധികമായ ഭേദത്തെ തൽപ്പിച്ചുകൊണ്ട് പറയാം അങ്ങനെ പറയുന്നെങ്കിൽ ഞാൻ എന്നെ കൊന്നു വേണമെങ്കിലും പറയാം അല്ലെ ഔപാധികമായ ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവും കറന്നുകൊണ്ട് പക്ഷെ സ്വയംപ്രകാശമായിരിക്കുന്ന ചിതാത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ചിതാത്മാവിന്റെ ലക്ഷണമാണ് ചിതാത്മാവ് ചിതാത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും മരുന്നാണ് ഈ ദോഷം കർമ്മകർത്തൃഭാവം ദോഷമാണ് കർമ്മകർത്തൃഭാവ വിരോധവും പറയും കർമ്മത്വവും കർത്തൃത്വവും ഒരിടത്ത് വരുന്നാണ് കർമ്മകർത്തൃഭാവം ആ കർമ്മകർത്തൃഭാവം വരുന്നത് വിരോധം എന്ന് വെച്ചാൽ പരസ്പര വിരോധം കർമ്മത്തിനെ കർത്താവെന്നും വിളിക്കണം കർത്താവിനെ കർമ്മമെന്നും വിളിക്കണം നടക്കുന്ന കാര്യമാണ് കാരണം ഇവിടെ എന്താണ് കർമ്മമെന്ന് വ്യക്തമായി പറ ഇത് ഇതെല്ലാം പറയുന്നത് ശരിയാണ് ശരിയല്ല എന്നൊക്കെ പറയുന്നത് കാർഷികന്മാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാസ്ത്രത്തിന് ഇങ്ങനെയെല്ലാം നിർവഹിച്ചു വച്ചിരിക്കാണ് ഇതാണ് ഇന്നത് അപ്പോ ഇതിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കും അടിസ്ഥാനമായി അല്ലാതെ വെറുതെ നമ്മൾ തർക്കിക്കുന്നത് പോലെ വാലും തലയില്ലാതെ തർക്കിക്കുകയല്ല അങ്ങനെ വെറുതെ എത്തത്തില്ല ശരി പരസമേത ക്രിയാഫലശാൽ ക്രിയാജല ഫലശാല ഇതാണ് ധർമ്മം എന്ന ആര് പറഞ്ഞു ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞോ ചർച്ച ചെയ്യാൻ പറ്റില്ല ആദ്യം ഈ ലക്ഷണം അംഗീകരിക്കണം ഇങ്ങനെ ഒരു കർമ്മ ലക്ഷണം ഉണ്ട് അങ്ങനെ സമ്മതമാണോ ആണ് തനിക്ക് സമ്മതമാണോ ആണ് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷണം നമുക്ക് അവിടെ നിയോജിപ്പിച്ചു നോക്കാം ശരിയാകുന്നു ശരിയായിട്ട് വിരോധം വരുന്നു അപ്പോ വിരോധം വരുന്നുണ്ടെങ്കിൽ ലക്ഷണം സമീപിക്കുന്നേയില്ല ും പറഞ്ഞ ലക്ഷ്യത്തിന്റെ ലക്ഷണത്തെ ഒരു തരത്തിലും സമന്യിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ സംഭവിക്കത്തില്ല ആ ആ സമയം ലക്ഷണം പറഞ്ഞാൽ എന്താ ഒന്ന് തന്നെ പ്രകാശിപ്പിക്കുന്നതിന് വേറെ ഒന്നിന്റെ മറ്റൊന്നെന്താ ഉദ്ദേശിച്ചത് ആ തന്നിൽ തന്നെ തന്റെ പ്രകാശമുണ്ട് ഇതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനൊരു ബുദ്ധി വെച്ചുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ഈ രണ്ടു കാര്യങ്ങളും സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും ശരിയാകുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് രണ്ടാമത്തെ പ്രശ്നം കർമ്മകർത്തൃഭാവ വിരോധേന ലക്ഷണസ്യ അസംഭവ കർമ്മകർത്തൃഭാവ വിരോധം കർമ്മകർത്തൃഭാവം എന്ന് പറഞ്ഞാ കർമ്മകർത്തൃഭാവം എന്ന് പറഞ്ഞ കർമ്മകർത്തർ ഭാവം എന്ന് പറഞ്ഞാ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും പറഞ്ഞല്ല ഇന്നും പറഞ്ഞു എന്നും പറഞ്ഞെന്ന് പറഞ്ഞാ ഇപ്പോ പറഞ്ഞു കർമ്മകർത്തൃഭാവം കർമ്മത്വം കർത്തൃത്വം ഭാവം എന്ന് പറയുന്ന തോപ്പർത്തിയായിട്ട് കാണിക്കാൻ വേണ്ടി കർമ്മകർത്തൃത്വം അതിനാണെന്തു പറയുന്നത് കർമ്മകർത്തൃഭാവം എന്നുവച്ചാൽ കർമ്മത്വവും കർമ്മ കർത്താ ച സമാസം ചെയ്തു എന്റെ തോപ്പത്തെയും ചേർത്തിരിക്കാണ് കർമ്മ കർത്തം അത് വരുന്നത് കർമ്മവും കർത്താവും മരുന്നും അർത്ഥം വേണ്ടേ എന്ന് പറഞ്ഞാൽ എന്താണോ ഏകസ്മിൻ കർത്തവതി എന്നാണ് ഒന്നിൽ തന്നെ എന്തുവരുന്ന കർമ്മത്വവും കർത്തൃത്വവും വരുന്നു അതാണ് ദോഷം അതാണ് കർമ്മകർത്തൃഭാവ വിരോധവും സംഭവം ഇനി മറ്റൊന്ന് മനസ്സിലാക്കുന്നത് സ്വസ്യ സ്വയം ഏവ പ്രകാശ മൂന്ന് പദങ്ങളിനി ഒന്ന് ഏവ എന്ന് പറയുന്നത് മറ്റൊന്നും പ്രകാശിപ്പിക്കുന്നില്ല കാണിക്കാൻ വേണ്ടിട്ട് പിന്നെ വരുന്ന എന്താണ് പ്രകാശ ഏവയുടെ ഉദ്ദേശിച്ചിത്രേ ഉള്ളൂ വേറൊരു പ്രകാശം തന്നെ പ്രകാശിപ്പിക്കുന്നില്ല അന്യം വ്യാവ മറ്റുള്ളതിനെ വ്യാവർത്തിപ്പിക്കാൻ വേണ്ടിട്ടാണ് എന്ത് പറഞ്ഞത് ഏവസ്യ എന്ന് മാത്രം പറഞ്ഞാൽ നോക്കട്ടെ എന്ത് സംഭവിക്കുന്നു സസ്യ എന്ന് പറഞ്ഞു വേറൊന്നും പറഞ്ഞു സ്വപ്രകാശത്തിന്റെ ലക്ഷണം എന്തോരും എവിടെ എവിടെ അധികാപ്തി വരുന്നു സ്യാന്ന് എന്തിനേം പറഞ്ഞൂടെ എവിടെയും ഏതിനേം പറഞ്ഞൂടെ സുഖ്യാന് അപ്പൊ അധികാപ്തി അവിടെ വരും എല്ലായിടത്തും വരും സുസ്യാന് മാത്രം പിന്നെ സസ്യപ്രകാശന്നേ ഉള്ളൂ സ്വയം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ വ്യാഖ്യാനമാണ് സുപ്രകാശ എന്നുള്ള വിഗ്രഹിക്കുമ്പോ അങ്ങനെ വിഗ്രഹിക്കാൻ പറ്റും വിശദീകരിക്കാൻ വേണ്ടിട്ടാണ് എന്ത് പറഞ്ഞത് സ്വമ്രകാശ അത് പിന്നെ പ്രകാശ എന്ന് പറഞ്ഞു അല്ലേ പ്രകാശം എന്ന് പറഞ്ഞാ എന്ത് ദോഷം വരും നേരത്തെ പറഞ്ഞതുടപ്രകാശത്തിനും എല്ലാത്തിനും പക്ഷേ ഇവിടെ തന്നെ ഒരു വിശേഷം കൂടെ കുറിച്ച് പറഞ്ഞാണ് സ്വയം ഏവ പ്രകാശം എന്ന് പറഞ്ഞു സ്വരം പ്രകാശം അങ്ങനെ പറഞ്ഞാൽ എന്തുവരും സ്വയം പ്രകാശം ദീപാദികളെല്ലാം സ്വയം പ്രകാശിക്കുന്ന ഒന്ന് അതിനെ തന്നെ പ്രകാശിപ്പിക്കുക എവിടെയാ വരുന്നത് എവിടെയാണ് വരുന്നു സ്വന്തം പറയുന്ന കർത്താവല്ലേ അത് സ്വയം കർത്താവായി നിന്ന് പ്രകാശകർത്താവായിരിക്കുക അത് സാധാരണ രീതിയിൽ പ്രകാശത്തിനും മറ്റും പറയാം പൂർണമായും പ്രകാശത്തിന് സ്വയം പ്രകാശിക്കാൻ പറ്റത്തില്ല എന്നാലും ഭൗതികമായ രീതിയിൽ പറയാം സ്വസ്യ സ്വയം എന്ന് പറയുന്നു സയം പ്രകാശം പറയുന്നത് സസ്യ സ്വയമേവ എന്ന് പറയുന്നു പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം അറിവെന്നാണെടുത്തത് അപ്പൊ അറിവെന്നുള്ള അർത്ഥത്തില് അങ്ങനെടുക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് സസ്യ സ്വയം ഏവ എന്ന് പറഞ്ഞു അന്റെ അർത്ഥം സസ്യ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് വിഷയമാണ് എന്തിനു വിഷയമാകുന്നു സ്വം തനിക്ക് വിഷയമാകുന്നു ിയുടെ അർത്ഥം എന്താ ഈ വിഷയം ഓ സ്വ താൻ തനിക്ക് വിഷയമാവുന്നു എന്ന് അർത്ഥം വരും പ്രകാശം പറഞ്ഞു താൻ തനിക്ക് വിഷയമാകുന്നു എവിടെ പോകും അല്ല താൻ തനിക്ക് വിഷയമാവുന്നു എന്ന് പറയുമ്പോ താൻ തനിക്ക് വിഷയമാവും എവിടെയാ സംഭവിക്കുന്നത് ഏ അറിവിനവിടെ പറയുന്നത് എന്താണ് സ്വയം പ്രകാശം അത് അവേദ്യമാണോ ദോഷത്തെ കുറിച്ചല്ല പറയുന്നത് താൻ തനിക്ക് വിഷയമാകുന്നു സ്വസ്യ സ്വയം ഞാനിപ്പോ പറയാണ് ഒരു ശബ്ദം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നു എന്താ പറഞ്ഞത് ഇതിന്റെ വിഷയം എന്താണ് ശബ്ദത്തിന്റെ വിഷയം എന്തായി ശബ്ദ സസ്യസയം വിഷയമായ ശബ്ദന്ന് പറഞ്ഞപ്പോ എന്താ എന്റെ വിഷയം ശബ്ദം ശബ്ദത്തിന്റെ വിഷയം എന്തായി ഷയം എന്തായി എന്തിന്റെ വിഷയം സ്വയം ശബ്ദത്തിന്റെ വിഷയം ശബ്ദവും ആയോ പിന്നെ ശബ്ദം അതിന്റെ വിഷയം എന്തായിരുന്നു വേറെ എന്തെങ്കിലും ആനയാവും ഞാൻ ശബ്ദ പറഞ്ഞോളൂ അതിന്റെ വിഷയം എന്താ വേറെ വേറെന്തെങ്കിലും പറയാൻ ശബ്ദത്തും ഇനക്ക് പറയാൻ ദാർഗീന്മാരും പറയുന്ന ശബ്ദ എന്നുചരിച്ചു കഴിഞ്ഞാൽ വിഷയം പറയുന്നൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി ശബ്ദ ശബ്ദം എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പറഞ്ഞ ശബ്ദത്തിന്റെ വിഷയമാണ് ആര് മനസ്സിലാക്കിയത് എന്ത് മനസ്സിലാക്കി ശബ്ദം ശബ്ദത്തിന്റെ വിഷയം എന്തായി ശബ്ദം ആണോ അങ്ങനെ പലയിടത്തും വരാം എന്താ അർത്ഥം അറിയുന്നതിനുള്ള വിവിധിഷയെ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ എന്തായി ആഗ്രഹത്തെ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ആഗ്രഹത്തിന്റെ വിഷയം ആഗ്രഹം പറഞ്ഞൂടെ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ഇവിടെ എല്ലാം വേണം എന്താണ് സസ്യ സ്വയം ഏവ പ്രകാശ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ലക്ഷണം ഉണ്ടാക്കിയിട്ടും ഊർവശി പറയുന്നെന്താണോ ശരിയല്ല കർമ്മകർത്തൃ ലക്ഷണത്തിൽ അസംഭവ ദോഷം വേറെ ലക്ഷണം പറയുന്നു അപ്പോശ ഇത് ഈ ലക്ഷണങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേ താല്പര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്വപ്രകാശം എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വപ്രകാശം സ്വപ്രകാശമൊന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ പറഞ്ഞു പോയാൽ അത് സ്വപ്രകാശം അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ എന്തൊക്കെ ദോഷങ്ങൾ വരുമോ ആ മാറ്റി എന്താണ് സ്വപ്രകാശം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു പാടാവും എത്ര പതിനൊന്ന് ലക്ഷണം വിചാരം ചെയ്യുമ്പോഴാണ് കൃത്യമായ കൃത് കൃത്യമായ സുപ്രകാശത്തിലെത്തിച്ചേരുന്നത് അവരെ വിചാരം ചെയ്യും എന്തായാലും രണ്ടെണ്ണ ശരിയല്ലെന്ന് മനസ്സിലായി ബാക്കി പിന്നാളവര്